വിശ്വസിച്ചവരെ നിങ്ങൾ പറയുന്നതെന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നതുവരെ ലഹരി ബാധിച്ച അവസ്ഥയിൽ നമസ്കാരത്തെ സമീപിക്കരുത് യാത്ര ചെയ്യുന്നവരൊഴികെ കുളിക്കുന്നതുവരെ ജുനുബ് അശുദ്ധി അവസ്ഥയിലും നമസ്കരിക്കരുത് നിങ്ങൾ രോഗികളോ യാത്രയിലോ ആണെങ്കിലോ നിങ്ങളിലാരെങ്കിലും മലമൂത്ര വിസർജന സ്ഥലത്തുനിന്ന് വന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാലോ എന്നിട്ട് വെള്ളം ലഭിച്ചില്ലെങ്കിലോ നിങ്ങൾ ശുദ്ധമായ മണ്ണുകൊണ്ട് തയമും ചെയ്യുക നിങ്ങളുടെ മുഖത്തും കൈകളിലും അതു പുരട്ടുക തീർച്ചയായും അള്ളാഹു സുബാനഹുറ്റായാല ഏറെ മാപ്പു നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു